മറിയമ്മിന്റെ മകൻ ഈസ അലിഹിസ്സലാമിനോട് അള്ളാഹു സുബാനഹുഅചായാല ചോദിച്ച സന്ദർഭം മറിയമ്മിന്റെ മകനായ ഈസ അള്ളാഹുവിനെ അല്ലാതെ ഞാനും എൻറെ മാതാവും രണ്ട് ദൈവങ്ങളായി സ്വീകരിക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞോ അദ്ദേഹം പറഞ്ഞോ അങ്ങേക്ക് പരിശുദ്ധിയുണ്ട് എനിക്ക് അവകാശമില്ലാത്ത കാര്യം പറയാൻ എനിക്ക് കഴിയില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അതറിയുന്നുവല്ലോ എന്റെ മനസ്സിലുള്ളത് അങ്ങ് അറിയുന്നു അങ്ങയുടെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നില്ല തീർച്ചയായും അദൃശ്യകാര്യങ്ങളെല്ലാം അറിയുന്നവൻ അങ്ങ് മാത്രമാകുന്നു